कीयाम जदी ഭ്യുദ്ദിയ തമ്മി നേദം ഇതി ഗമാർ ബ്രാഹ്മണോക്തോ അസ ദൃഢിം മന്ത്രാജ ഇ പഠിന്ദിദാദ് അതിനെ കുറിച്ച് ഇവിടെ വാക്യഭാഷയെ വളരെ വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ താൽപ്പര്യത്തെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ ഇതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞതിനൊന്ന് ഒന്നുകൂടി വ്യക്തമാക്കും അങ്ങനെ വിവാഹി മന്ത്രാനുവാദോ ദൃഢപ്രതീതെ ആ പറഞ്ഞതിന് അനുവാദം ചെയ്യും അന്യദേവീതോയും ആഗമാർത്ഥോ ബ്രാഹ്മണോത്വോ അസീവ ദൃഢിംബിനെ അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി അവിടെ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളോ ഉറപ്പിക്കുന്നതിന് വേണ്ടി മന്ത്ര ബ്രഹ്മത്തെ ശബ്ദം കൊണ്ട് പറയാൻ സാധ്യമല്ലം അതിന്റെ അർത്ഥം അനഭ്യുക്തം അപ്രകാശിതം ശബ്ദം കൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കാൻ ശബ്ദത്തിലൂടെ ഇതിനെ വെളിപ്പെടുത്താൻ മറച്ച് ഏനു വാഗിദ്യ വാക് പ്രകാശഹേതുത്വം എന്തുകൊണ്ടാണോ വാക്ക് പ്രകാശിക്കുന്നത് രണ്ട് കാര്യവും പറയുന്നു ചർച്ച ചെയ്തതാണ് ശബ്ദം കൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല ശബ്ദത്തിലൂടെ ശബ്ദം ഉപയോഗിച്ച് ഇതിനെ പറഞ്ഞ് കേട്ട് അറിയാൻ സാധ്യമല്ല എന്നാൽ ശബ്ദം ഇത് നിമിത്തമായിട്ടാണ് പുറപ്പെടുന്നത് ഇതാണ് ശബ്ദത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് ഉച്ചിതേ ബ്രഹ്മണത്തെ പ്രകാശിപ്പിക്കുന്നത് വാക്കർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിന് വാക്കെന്ന് പറഞ്ഞാൽ രണ്ടിനെ എടുക്കാം ഒന്ന് വാക്ക് ഇന്ദ്രിയം മറ്റൊന്ന് ശബ്ദം ശബ്ദത്തിനെയും വാക്കെന്ന് പറയും ഇന്ദ്രിയത്തെയും വാക്കെന്ന് പറയുന്നു ശബ്ദത്തിന് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നും പറയാം വാഗേന്ദ്രിയം അതിന് ഇതിനെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല എന്നും പറയാം ശബ്ദത്തെയും പ്രകാശിപ്പിക്കുന്ന ആ വാഗിന്ദ്രിയത്തിനും ആ ശബ്ദത്തിനും രണ്ടിനും പ്രകാശകത്വം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുക അതിലിരിക്കുന്ന ആ പ്രകാശകത്വം അതിന് കാരണമായിരിക്കുന്ന എന്താണ് ബ്രഹ്മമാണ് പറഞ്ഞു ബ്രഹ്മം അത് ചൈതന്യമാണ് അതിൻ്റെ സ്വഭാവമാണ് പ്രകാശകത്വം പ്രകാശിപ്പിക്കുക എവിടെ പ്രകാശകത്വമുണ്ടോ അതിന് പിന്നിൽ ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് വിശദീകരിച്ചാണ് പറഞ്ഞാലും ആത്മനി അവസ്ഥാപനാർത്ഥം ആമനായ ബ്രഹ്മത്തെ തിരഞ്ഞു തെരഞ്ഞു ഇന്ദ്രിയങ്ങളും മനസ്സും ബഹിർമുഖമാകും അങ്ങനെ ബഹിർമുഖമാകുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആത്മനി അവസ്ഥാപനാർത്ഥം സ്വസ്വരൂപത്തിൽ നിർത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല സ്വരൂപത്തിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇതിൽ നിന്നും വ്യവർത്തിപ്പിക്കുകയാണെന്ന് ഇനി പറയും അല്ലാതെ ഇവിടെ സ്വരൂപത്തിനും നിരത്തുക എന്നൊന്നുമില്ല ഇങ്ങോട്ടാണോ വാക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും പോകുന്നത് അതിൽ നിന്ന് വേവർത്തിപ്പിക്കാൻ പറ്റും അങ്ങനെ വേവർത്തിപ്പിച്ചാൽ ശേഷിക്കുന്നത് പരിശേഷിക്കുന്നത് അതാണ് സ്വരൂപസ്ഥിതി അതും കവിഞ്ഞ സ്വരൂപസ്ഥിതിക്ക് യത്നത്തിൻ്റെയും ആവശ്യമില്ല അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് സ്വരൂപം വിഷയമല്ല വിഷയമാണെങ്കിൽ യത്നത്തിലൂടെ അതിനെ വെളിപ്പെടുത്താൻ പറ്റും മുമ്പിലിരിക്കുന്ന വസ്തു യത്നത്തിലൂടെ വെളിപ്പെടുന്നു കണ്ണു പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നു വെളിച്ചം വരുന്നു ഇവിടെയൊക്കെ യത്നം ആവശ്യമാണ് യത്നത്തിലൂടെ പ്രവർത്തിക്കുന്നു മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും കർമ്മങ്ങൾ അവിടെ ഇത് സ്വരൂപമായതുകൊണ്ട് യജ്ഞ സാധ്യമല്ല യത്നത്തിലൂടെ സാധ്യമല്ല എന്നാൽ പിന്നെ യത്നങ്ങളെല്ലാം അത് ഇതിനെ മറ്റുള്ളവയിൽ നിന്നും നിവർത്തിപ്പിക്കുന്നതിനെല്ലാം ആവശ്യമാണ് അപ്പോൾ ആത്മാവിൽ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്നും മാറ്റുക എന്നുള്ള അർത്ഥമേ സ്വരൂപത്തിൽ യത്നം സാധ്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് യത്നത്തിനും പ്രയോജനമുണ്ട് നിവർത്തിപ്പിക്കുക എന്നുള്ളതിന് യത്നം ആവശ്യമാണ് മറിച്ച് പ്രവൃത്തിയുടെ ഫലം അല്ല യദ്വാച അനഭ്യുതിര് ക്രിവർത്തിയ അതെന്ന് സ്വാത്മന്യേ അവസ്ഥാപയത്തി ആംനായുദം വാക്പ്രകാശ നിമിത്തം രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് അതിന് വാക്കുകൊണ്ട് പറഞ്ഞു ആ ശബ്ദം കേട്ട് ധരിക്കാൻ വയ്യ നമ്മൾ ഉപനിഷത്ത് ശ്രവിക്കുന്നു ശ്രവിക്കുമ്പോൾ എന്താണോ ഈ ശ്രവണത്തിലൂടെ അങ്ങനെ ധരിക്കാമെന്ന് കരുതുകയാണ് അത് ശരിയാണ് ശ്രവണത്തിലൂടെ ധരിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്നുണ്ട് എങ്ങനെ അറിയുന്നു വാക്കിതിനെ പ്രകാശിപ്പിച്ചിട്ടില്ല അവിഷയമായതുകൊണ്ട് വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് വാക്കുവിനെ പ്രകാശിപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇതിനെ അറിയുന്നു നിന്നും നിവർത്തിപ്പിച്ചിട്ട് ഇന്ദ്രിയ വ്യാപാരങ്ങൾ മറ്റു വിഷയങ്ങളെ ഇവിടെ വിഷയമാക്കുന്നു അതാണ് ഇതിന് തടസ്സമായിരിക്കുന്നത് വിഷയങ്ങളെ വിഷയമാക്കുന്ന ഈ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ജോലി അത് അവസാനിക്കുന്നു എന്തൊക്കെ വിഷയമാകുമ്പോൾ അതിനുള്ള മനസ്സ് വിഷയമാകും ഇതാണെങ്കിൽ ബ്രഹ്മണോ വിഷയത്വേനാ ഇത് ഒന്നിനും വിഷയമല്ല ശ്രവണത്തിലൂടെ ഇതെങ്ങനെ ഫലത്തിൽ സംഭവിക്കുന്നു ഗ്രഹിക്കുന്നെങ്ങനെ വസ്തുവാന്തര ജിഗൃക്ഷം നിവൃത്തിയാഹ സംഭവിക്കുന്നു മറ്റു വിഷയങ്ങളെ കുറിച്ചുള്ള ജിഗൃക്ഷ ജിജ്ഞാസ മനസ്സിന്റെ ആ താല്പര്യം അത് മനസ്സിൽ സഹജമായിരിക്കുന്നതാണ് വിഷയഗ്രഹണ താല്പര്യം ഓരോരോ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയോ സ്വരൂപ ഭിന്നമായ വിഷയങ്ങളെ ഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയോ അതിനെ ഗ്രഹിക്കാൻ മനസ്സ് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വസ്തു ഉള്ള സർവ ജിജ്ഞാസകളെയും മനസ്സിന്റെ ആ താല്പര്യത്തെയും അതാണ് ശ്രവണം കൊണ്ട് സംഭവിക്കുന്നത് നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ സ്ഥലമില്ല സ്വാത്മന്യവ അവസ്ഥാപേദി സ്വരൂപത്തിലുള്ള സ്ഥിതി ആ സ്വരൂപത്തിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആ അവസ്ഥാപനം മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ കരുതുന്നത് പോലെ മനസ്സിനെ ആത്മാവിൽ ബലാത്കാരമായി കൊണ്ടുവന്ന് ഉറപ്പിക്കുന്നതല്ല മനസ്സിന് വിഷയമാകാത്ത ഒന്നും മനസ്സിനെങ്ങനെ ഉറപ്പിക്കാം ആത്മാവിൽ മനസ്സിന് ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മനസ്സ് കൽപ്പിക്കുന്ന എവിടെ ഒന്നിലായിരിക്കും മനസ്സറയ്ക്കുന്നത് മനസ്സാദ്യം ഒരു ആത്മാവിനെ സങ്കല്പിക്കും ആ സങ്കല്പത്തിൽ മനസ്സറയ്ക്കും മനസ്സാത്മാവിനെ സത്തായിട്ടോ ചിത്തായിട്ടോ ആനന്ദമായിട്ടോ ഒക്കെ സങ്കല്പിക്കും അവിടെ ഉറക്കി അത് അധ്യാരോപിച്ച വിഷയത്തിലായിരിക്കും മനസ്സിറയ്ക്കുന്നത് മനസ്സ് കൽപ്പിച്ച വിഷയത്തിലായിരിക്കും മനസ്സിറയ്ക്കുന്നത് അത് മനസ്സിൻ്റെ സ്വരൂപസ്ഥിതിയല്ല സ്വരൂപസ്ഥിതി എന്താണോ സർവ്വ വിഷയങ്ങളിൽ നിന്നും മനസ്സ് നിവർത്തിക്കുന്നു അത്രമാത്രം സ്വരൂപം യത്നസാധ്യമെന്താ പിന്നെ ശേഷിക്കുന്നതെന്തോ അതാണ് സ്വരൂപസ്ഥിതി അതിനെന്താ വേണ്ടത് വസ്തുതര ജികൃക്ഷം നിവർത്തിയ മനസ്സിന് ഏതെങ്കിലും വിഷയത്തിലുള്ള ജിജ്ഞാസ അതിശമിക്കുക ആ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അത് ആരോപിതമായ ആത്മാവായ ലിശി നമ്മുടെ ഭാവനയിൽ ആത്മാവായാലും ശരി അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ബന്ധമോക്ഷ ആരോപണ നിവൃത്തി എന്ന് പറഞ്ഞു ചർച്ച ചെയ്തതാണ് ബന്ധമോക്ഷ ആരോപണ നിവൃത്തി അത് തന്നെ പറയുന്നു എന്റെ താല്പര്യം എന്താണോ മുക്തി ഇല്ല മുക്തി അത് മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലൂടെയുള്ള മുക്തി എന്ന് പറയുമ്പോൾ അത് ആരോപിതമാണ് കൽപ്പിതമാണ് അതുപോലെ സ്വരൂപസ്ഥിതിയാധിഗമം എന്നെല്ലാം പറയുമ്പോൾ മനസ്സിൻ്റെ കൽപ്പനകളാണ് അതെല്ലാം ഇവിടെ പറഞ്ഞ എന്താണ് വസ്തുതരതികൃക്ഷ ജിജ്ഞാസയാണ് മനസ്സിൻ്റെ താല്പര്യങ്ങളാണ് മനസ്സിന്റെ എല്ലാ താല്പര്യങ്ങളും ആരോപിതമാണ് മോക്ഷം ഇല്ലാന്നല്ല പറയും ആരോപിതമാകാൻ പാടുള്ള മോക്ഷമുണ്ട് ബന്ധമുണ്ടെങ്കിൽ ബന്ധം നിവൃത്തി ബന്ധം നിവൃത്തി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബന്ധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബന്ധം നിവൃത്തി ഉണ്ടാവും ഉണ്ടായിത്തന്നെ തീരും ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ അങ്ങനൊരു മോക്ഷത്തെ നിഷേധിക്കുകയല്ല നിഷേധിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല അതാരോപിതമാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സ്വാത്മന്യോ അവസ്ഥാപനം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയയല്ല ഒരു യത്നമല്ല മനസ്സുകൊണ്ട് ചെയ്യുന്ന എല്ലാ യത്നങ്ങളും നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ആ നിവൃത്തിക്ക് വേണ്ടി ചിലപ്പോൾ സച്ചിദാനത്തെ കൽപ്പിക്കും എന്നിട്ട് സച്ചിദാനന്ദത്തെ ധ്യാനിക്കും അതെല്ലാം തന്നെ എന്താണ് സ്വന്തം കൽപ്പനയിലുള്ള സ്വന്തം ഭാവനയിലുള്ള യത്നങ്ങളാണ് താൻ തന്നെ തന്നെ ആരോപിച്ചതിനെ ധ്യാനിക്കുക അടുത്തു വരുന്ന ഭാഗത്തും അത് വ്യക്തമാണ് അപ്പോൾ സ്ഥാപനം എന്ന് പറയുന്ന ഇതാണ് വസ്തുതര ജഗരക്ഷ നിവൃത്തി വസ്തുതര ചികിത്ഷയെ നിവർത്തിപ്പിക്കുകയാണ് നിവർത്തിപ്പിച്ചിട്ട് ഭാവന ചെയ്യും ആ ഭാവനയും അങ്ങനെ ഭാവന ചെയ്താൽ അതും ആരോപിതമാകും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ശേഷിക്കുന്നത് ആരോപരഹിതമായിരിക്കുന്നത് മനസ്സിന്റെ സർവജിജ്ഞാസകളും ശ്രമിക്കുമ്പോൾ ശേഷിക്കുന്നത് തതേവ ബ്രഹ്മത്വം യുദ്ധി അതാണ് ബ്രഹ്മമെന്ന് നീ അറിയുക തഹ്മം വിധി അതിന് ബ്രഹ്മമായി അറിയുക യു നേതം എുപാസ്യ പ്രതിഷേധം ഉപാസന എന്ന് പറയുന്നത് എന്താണ് മനസിന്റെ യത്നമാണ് ഇവിടെ ഉപാസ്യത്തെ നിഷേധിക്കേണ്ട നേതം എം ഉപാസ്യത എന്ന് പറയുന്നു ഉപാസനയല്ല ഉപാസന ധ്യാനം ധ്യാനിക്കരുതെന്നല്ല പറയുന്നത് മറിച്ച് നീ എന്താണോ ധ്യാനിക്കുന്നത് അത് ബ്രഹ്മമല്ലെന്നാണ് അതുകൊണ്ട് ധ്യാനിക്കരുത് എന്ന് അർത്ഥം ധരിച്ചുള്ളത് ധ്യാനിക്കുന്ന എന്താണോ ആദ്യം ധ്യാനിക്കണമെങ്കിൽ മനസ്സിൽ ഭാവന ചെയ്യണം ഭാവന ചെയ്യാതെ ധ്യാനിക്കാൻ പറ്റും അതാണ് ഉപാസ്യം ധ്യാന വിഷയമായിരിക്കുന്നത് അത് നിവർത്തിക്കുന്നുള്ള ഒരു അഭ്യാസം എന്നുള്ളത് ആകാം അവിടെയും ഫലം നിവൃത്തിയാണ് ഓരിടത്തും മനസ്സ് ഏകാഗ്രമാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം എന്താണോ മറ്റൊരിടത്ത് നിന്ന് മനസ്സ് അതാണ് ഫലം പക്ഷെ ഏതെങ്കിലാണോ മനസ്സ് ഏകാഗ്രമാകുന്നത് ഏകാഗ്രമാകുക എന്ന് പറയുമ്പോൾ മനസ്സ് വിഷയമാക്കുന്നത് അതാണ് ഉപാസ്യം ഉപാസന വിഷയമാകുന്നത് അതല്ല ഈ ബ്രഹ്മം കാരണം അവിടെ മനസ്സ് വിഷയമാക്കിക്കഴിഞ്ഞു മനസ്സ് വിഷയമാക്കുന്നതല്ല അതുകൊണ്ട് നേദം ഏതീതം ഉപാസതയും ഉപാസിക്കുന്നതൊന്നും അല്ല ഉപാസ്യമായിരിക്കുന്ന ഒന്നും ബ്രഹ്മല്ല അപ്പൊ ഞാൻ ഉപാസിച്ചു ധ്യാനിച്ചു ധ്യാനത്തിലൂടെ സാക്ഷാത്കരിച്ചു എന്ന് കരുതുന്ന ഒന്നും ബ്രഹ്മത്തെ അല്ലെങ്കിൽ നേതം ഉപാസ്യ പ്രതീക്ഷിത അതുകൊണ്ട് ധ്യാനിക്കരുതെന്നർത്ഥമില്ല ധ്യാനം അവസാനിപ്പിക്കാം ഇനി ധ്യാനിക്കുന്നില്ല എന്നല്ല നിറഞ്ഞല്ലോ ഈ ജിജ്ഞാസ വസ്തുതര അത് ശ്രമിക്കുന്നതിന് വേണ്ടി ധ്യാനിക്കാം ഉപാസി ഉപാസിക്കും ധ്യേമായതിനെ ധ്യാനിക്കാം അവിടെ അത്തരം സാധനങ്ങളെ ഇവിടെ നിഷേധിക്കാനുള്ളതാ നി ഉപാസിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് നിപാസിക്കരുതെന്നല്ല പറയുന്നു രണ്ടും രണ്ട് കാര്യവും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ധ്യാനിക്കരുതെന്ന് പറയുകയാണ് അല്ല നീ എന്തിനാണോ ധ്യാനിക്കുന്നത് നിന്റെ ധ്യേയം അതാണ് അതല്ല ഇത് എന്നാണ് ധ്യാനം പ്രയോജനമുള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യമില്ല ഇവിടെ ചർച്ച ചെയ്യുന്നു പരമാർത്ഥ വസ്തുവിനെ മനസ്സിന് വിഷയമാക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് ഇവിടുത്തെ ചർച്ച അത് സാധ്യമല്ല എന്നാണ് നീ ധ്യാനിക്കുന്നത് നിന്റെ സങ്കല്പത്തെയായിരിക്കും ആ ധ്യാനം പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരാം അങ്ങനെ ധ്യാനിക്കാൻ കഴിയുമെങ്കിൽ മനസ്സിനെ മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്മാറ്റിദ്ധ്യമായ ഉപാസ്യത്തിൽ നിർത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യാം അപ്പോഴും പരമാർത്ഥം ധരിച്ചിരിക്കണെന്താണ് ഇത് മനസ്സിന് വിഷയമായ ഒന്നല്ല അതുകൊണ്ട് സാധിക്കേണ്ടത് എന്താണ് മനസ്സിന്റെ നിവൃത്തിയാണ് അതാണ് സാധിക്കുന്നത് അതിനുവേണ്ടി ധ്യാനിക്കാം മറച്ചാണെങ്കിലോ എൻ്റെ ധ്യേയമായിരിക്കുന്നതാണ് ഉപാസ്യമായിരിക്കുന്നതാണ് സത്യം എന്നുവരി അത് ഭ്രമമാണ് കാരണം അത് കേവലം സങ്കല്പം മാത്രമാണ് സച്ചിദാനന്ദം അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ധ്യാനിച്ചു കഴിഞ്ഞാലും അതെല്ലാം സങ്കല്പം തന്നെ വിടെയെല്ലാം എന്ത് ചെയ്യുന്നു തന്റെ സങ്കല്പത്തിൽ ഒരു വിഷയത്തെ സൃഷ്ടിച്ച് അതിനെ തന്നെ സങ്കല്പിക്കുന്നു അതാണ് ധ്യാനം കേവലം മനസ്സിൻ്റെ വൃത്തികളെ ഉള്ളതോടെ മനസ്സ് തന്നെ ധ്യേയമായ വിഷയമായും ധ്യാനാകാരമായും മനസ്സ് തന്നെ നിൽക്കുന്നു മറിച്ചെന്ന് സംഭവിക്കുന്നുണ്ട് അഭ്യാസം പ്രയോജനമുള്ളതാണ് വസ്തുതരം നിവൃത്തി അതുകൊണ്ട് ബ്രഹ്മം വെളിപ്പെടുത്തല്ല അതുകൊണ്ട് നീ ഉപാസിക്കുന്നതല്ല നിന്റെ മനസ്സ് വിഷയമാക്കുന്നതല്ല എന്നത് വാ അതിന്റെ ഫലം എന്താണ് ധ്യാനത്തിൽ മനസ്സ് നിവർത്തിച്ചു മനസ്സിന്റെ വിഷയഗ്രഹണം അത് അവസാനിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ശേഷിക്കുന്നത് സ്വസ്വരൂപം വിഷയഗ്രഹണം കൂടാതെയുള്ള സ്വസ്വരൂപം അല്ലെങ്കിൽ ആ വിഷയരൂപത്തിലുള്ള സ്വസ്വരൂപം അതാണ് അതിനു സമാധി എന്നും മറ്റും പറയുന്നു ഇവിടെ സമാധിയുടെ അർത്ഥം അതാണ് യോഗസമാധി അങ്ങനെയല്ല അവിടെ വിഷയം മനസ്സിന്റെ വിഷയവും ഇവിടെ അതല്ല പറയുന്നു ഇവിടെ അഭിഷയമായി മനസ്സവിഷയമായി തീരുന്നു മനസ്സഭിഷയമായാൽ ശൂന്യമാകുമില്ല എന്നുകൊണ്ട് ഇത് മനസ്സിന് നിമിത്തമായിരിക്കുന്നു മനസ്സിന് നിമിത്തമായിരിക്കുന്ന പ്രകാശം അത് ശേഷിക്കുന്നു അതുകൊണ്ടിവിടെ ഉപാസ്യത്തന്നു ശരി ഉപാസിക്കുന്നതുമല്ല ധ്യാനിക്കുന്നതല്ല എന്നാണ് ഉപാസന എന്നാണ് ധ്യാനം നീ എന്തിനാണ് ധ്യാനിക്കുന്നത് അതിനല്ല ഞാൻ പരമാർത്ഥം എന്ന് അതാരോപിതമാണ് ധ്യാനം വേണ്ടെന്ന് പറയുന്നില്ല മോക്ഷം വേണ്ടെന്ന് പറയുന്നില്ല തെറ്റിദ്ധാരണ എന്നും വരുന്നില്ല ഒരഭ്യാസം വേണ്ടെന്നൂടെ പറയുന്നില്ല പക്ഷെ അവിടെയെല്ലാം നീ സങ്കൽപ്പിക്കുന്നത് അതല്ല പരമാർത്ഥം പരമാർത്ഥം സങ്കല്പാതീതമാണ് അതാണ് പറയുന്നത് ഭ്യുദ്ദിതം അഭ്യുത്യേ തം വിധി മുസത്തെ മനസു മനോമതം തമ്മ ത്വം വിദ്ധി മുാസത്തെ മനസ്സി സമാനം മനസ്സിലാക്കണം മനോമതം യൻ ബ്രഹ്മണ മനോഭ്യ വിഷയീകൃതം നിത്യവിജ്ഞാനസ്വേണ ഇത് മനസ്സുകൊണ്ട് സർവത്തെയും അറിയുന്നു എന്നാണ് നമ്മുടെ അനുഭവം സർവത്തെയും അറിയുന്നത് അതിനുള്ള മനസ്സെന്ന് പറയുന്നു ഇവിടെ പറയുന്നു സർവത്തെയും അറിയുന്നതും മനസ്സല്ല മനസ്സിന് സർവത്തെയും അറിയാൻ കഴിയില്ല എന്തുകൊണ്ട് മനസ്സിനെ നമ്മളറിയുന്നു പറയുന്നത് എൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സിന് തന്നെ പ്രവർത്തികൾ നടക്കുന്നു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുന്നു മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നു മനസ്സുകൊണ്ട് സ്മരിക്കുന്നു ഇവിടെയെല്ലാം മനസ്സിനെ അറിയുന്നു മനസ്സിനെ അറിയുന്നത് കൊണ്ട് എല്ലാം അറിയുന്നു മനസ്സല്ല മനസ്സിനെ അറിയുന്നതാണ് സർവത്തെ അറിയുന്നത് അതാണ് മനോമകം മനസ്സല്ല സർവത്തെ അറിയുന്നത് മനസ്സിനെ അറിയുന്നത് മനസ്സ് ഏതെന്തിനാണ് പ്രകാശിക്കുന്നത് ഏന മനോഭി വിഷയകത ഏതൊന്നുകൊണ്ടാണോ മനസ്സു വിഷയമായിരിക്കുന്നത് മനസ്സു വിഷയമാണ് മനസ്സിന്റെ സർവ്വ പ്രവൃത്തികളെ അറിയുന്നു മനസ്സെവിടെയാണോ പ്രകാശിക്കുന്നത് എവിടെ നിത്യ നിത്യവിജ്ഞാനസ്വരൂപ നിത്യവിജ്ഞാനസ്വരൂപത്തിൽ അതിനാണ് ചൈതന്യം എന്ന് പറയുന്നത് മനസ്സിനല്ല അതിനാണ് വിജ്ഞാനം അറിവ് ോധം എന്നെല്ലാം പറയും മനസ്സ് സദാ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ നിത്യവിജ്ഞാന രൂപത്തിൽ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു സർവകരണാനാം ആ വിഷയം അതിനെ വിഷയമാക്കാൻ പറ്റത്തില്ല അത് സർവത്തെയും വിഷയമാക്കും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം അത് വിഷയമാക്കും എല്ലാം അതിൽ പ്രകാശിക്കും ഒരു പ്രകാശത്തിൽ എല്ലാം വെളിപ്പെട്ടിരിക്കുന്നു എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്ന ആ പ്രകാശം മനസ്സർവകരണാനാം ആ വിഷയം അതിനെ മനസ്സുകൊണ്ടറിയാൻ പറ്റത്തില്ല മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതിന് മനസ്സുകൊണ്ടെങ്ങനെ അറിയാൻ പറ്റും ആ പ്രകാശമാണ് പറയുന്നത് ഇത് മനസ്സാണ് ഇത് മനസ്സിന്റെ പ്രവൃത്തിയാണ് അത് സർവകർണങ്ങൾക്കും അവശയമാണോ അതിനെ ധ്യാനിച്ച് അറിയാൻ പറ്റത്തില്ലെന്നാ പറയും ധ്യാനിക്കുന്നതിന്റെ ഫലം അതിനെ വെളിപ്പെടുത്തുക എന്നുള്ളതല്ലെന്നാ ധ്യാനിച്ചാൽ അതിന് പ്രയോജനം ഉണ്ടാവും പക്ഷേ മനസ്സിന് അവിഷയമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും ഒരു അഭ്യാസം യോഗം കൊണ്ടോ ത്യാഗം കൊണ്ടോ ഒക്കെ എങ്ങനെ അതിനെ അറിയാൻ കഴിയും ചെറിയൊരു വ്യക്തിയിൽ അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ അപ്പൊ അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു ധ്യാനം അങ്ങനെ ഒന്നുമില്ല താനിച്ച സവ്യാപാരാണി സവിഷയാണി അതെല്ലാം മനസ്സുൾപ്പെടെയുള്ള സർവ്വതും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സംവ്യാപാരാണി സവിഷയം എല്ലാത്തിനും വിഷയങ്ങളുണ്ട് മനസ്സ് പലതിനെയും കൽപ്പിക്കുന്നു പ്രപഞ്ചത്തെ കൽപ്പിക്കുന്നു ബ്രഹ്മത്തെ കൽപ്പിക്കുന്നു ആത്മാവിനെ ഈശ്വരനെ അല്ലാതെ കൽപ്പിക്കുന്നു അങ്ങനെ സംവിഷയാണി മനസിന്റെ കൽപ്പനയാണ് കൽപനകൾ എവിടെ നടക്കുന്നു അതിനെ അതിന് കൽപ്പിക്കാൻ കഴിയുന്നില്ല അത് കൽപ്പനയ്ക്ക് വിഷയമാകുന്നില്ല അതാണ് അവിടെ അജ്ഞാനം ഇരിക്കുന്നത് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അജ്ഞാനം വരുന്നത് പറയേണ്ടി വരുന്നു ഞാൻ എന്നെ അറിയുന്നില്ല ഞാൻ എന്നെ അറിയാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്റെയും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടറിയാൻ ശ്രമിക്കുന്നിടത്തോളം കാലം പറയേണ്ടി വരും ഞാൻ അറിയുന്നില്ല എന്തുകൊണ്ടത് വാസ്തവമാണ് സ്വാനുഭവമാണ് മനസ്സിന് വിഷയമാക്കാത്തതിനെ കുറിച്ച് മനസ്സിന് വിഷയമാക്കാൻ കഴിയാത്ത ഒന്നിനെ കുറിച്ച് എനിക്ക് അറിയുന്നില്ലെന്നേ പറയാൻ പറ്റും അജ്ഞോഹം സർവസാധാരണമായ അനുഭവം ഞാൻ എന്നെ അറിയാൻ ശ്രമിക്കുന്നു മനസ്സ് അതിനറിയുന്നില്ല സ്വാഭാവികമായും പറയുന്നു സർവർ അജ്ഞാൻ അജ്ഞനാണ് അത് സത്യമായ അനുഭവം മനസ്സിന് വിഷയമായല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ഒരു വസ്തു മനസ്സിന് വിഷയമായല്ലെങ്കിൽ നമ്മൾ പറയും ഞാനതിനറിയുന്നില്ല സ്വ സ്വരൂപത്തെ സംബന്ധിച്ചും അങ്ങനെയല്ല മനസ്സുകൊണ്ടറിയാൻ ശ്രമിക്കുന്നു പറയുന്നു അറിയുന്നില്ല അത് മനസ്സിന് വിഷയമല്ല മനസ്സ് സവിഷയമാണ് അങ്ങനെ വിഷയങ്ങളുണ്ട് പക്ഷെ മനസ്സേതിലാണോ പ്രകാശിക്കുന്നത് അതിന് മനസ്സിന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല നിത്യവിജ്ഞാനസ്വരൂപ അവഭാസതയാഭാസ്യന്തേ അത് നിത്യവിജ്ഞാനസ്വരൂപമാണ് നിത്യപ്രകാശരൂപമാണ് അതിൽ മനസ്സുൾപ്പെടെയുള്ള സർവവും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മനസ്സ് അതിൻ്റെ വ്യാപാരങ്ങളിൽ അതിനെ കണ്ടെത്തത്തില്ല മനസ്സിൽ അതിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതനന്തർമുഖത എന്ന് പറയുന്നു മനസ്സ് മറ്റൊന്നിനെയും കണ്ടെത്താതിരുന്നു കഴിഞ്ഞാൽ അതാണ് ധ്യാനത്തിന്റെ ഫലം മനസ്സോളം മറ്റൊന്നെയും കണ്ടെത്തുന്നത് പിന്നെ ശേഷിക്കുന്നത് ഏന ഔഭാസ്യന്റെ എല്ലാം ഏതൊരു പ്രകാശത്തിലാണോ പ്രകാശിക്കുന്നത് ഏതൊരു ഭാനത്തിലാണോ ഇവിടെ പറയുന്നത് ഔഭാസ്യന്റെ ഭാസ്യമായി തീരുന്നത് സർവവും ടുത്തു പറയും പ്രതിബോധവിധിതം ഏതൊരു ഭാനത്തിലാണോ സർവവും ഭാഷ്യമായിരിക്കുന്നത് ഗീതയിൽ പറയുന്നെന്താണ് ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രവും ക്ഷേത്രയും സർവത്തെ ആത്മാവിനെയും അനാത്മാവിനെയും എല്ലാം പ്രകാശിപ്പിക്കുന്നു മനസ്സിന്റെ സങ്കല്പത്തിലുള്ള ആത്മാവിനെയും മനസ്സിന്റെ തന്നെ സങ്കല്പത്തിലുള്ള അനാത്മാവിനെയും പ്രകാശിപ്പിക്കുന്നു മനസ്സ് അങ്ങനെ പ്രകാശിപ്പിക്കുന്നതിന് മനസ്സിന് ആധാരമായിരിക്കുന്നതാണ് ത്വം തസ്യഭാഷ ഇത് അധർമ്മനെ വേണം പറയുന്നു അവന്റെ പ്രകാശത്തിനാൽ ശ്രമവിധം കാണുന്ന സർവവും പ്രകാശിക്കുന്നു ആത്മാനാത്മാക്കളെല്ലാം ആത്മാവിനെക്കുറിച്ചിപ്പോ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണെന്നറിയാം ആ മനസ്സിന്റെ സൃഷ്ടി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തത്വമസി എന്നെല്ലാം ബോധിപ്പിക്കുന്നത് മനോമതം തമ്മിത മുസത്തെക്ഷുഷാ ചുസി പശ്യത്തി ്രഹ്മിദ്ധിതമോരോന്നിനെ എടുത്തു പറയും എന്തുകൊണ്ട് മനസ്സും ഓരോ ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്നാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടിച്ചനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓരോന്നിനെ എടുത്തു പറയുന്നു ഇതെല്ലാം മനസ്സിന്റെ ലോകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് പറയുന്നു എന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല ഇത് ചക്ഷും ശിവശരി ഇതിലാണ് കണ്ണ് പ്രകാശിക്കുന്നത് കണ്ണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ബലം കൊണ്ടാണ് തദൈവ ബ്രഹ്മത്വമിധിനേതം യഥിതം ഉപാസത്തെ ുഷാ പശ്യത്തിന ചുഷി പശ്യത്തിണോതി ോത്രമിതം ശ്രുതം തഹ്മേദം ഉപാസതേ ഉപാസിക്കുന്ന എന്താണ് കൺ കാണുകയും കേൾക്കുകയും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിനാണ് നമ്മൾ ഉപാസിക്കുന്നത് ശബ്ദത്തോപാസിക്കും രൂപത്തോപാസിക്കും രസത്തോപാസിക്കും സർവ്വ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് അതിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന ഇതാണ് ധ്യാനം എന്തായാലും എത്ര ശ്രേഷ്ഠമായതായ മനസ്സ് സഹജമായി തന്നെ വിഷയങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇച്ഛാശക്തിയുടെ ആവശ്യം ഇച്ഛാശക്തിയോടുകൂടി മനസ്സത് ചെയ്യുമ്പോൾ നമ്മൾ പറയും ധ്യാനിക്കുന്നു അല്ലെങ്കിൽ പറയും മനസ്സ് അങ്ങനെ ചിന്തിക്കുകയാണ് അവിടെ ഇച്ഛാശക്തിയുടെ ആവശ്യമുണ്ട് സഹജമായി പ്രവർത്തിച്ചു ധ്യാനത്തിന് ഇച്ഛാശക്തിയുടെ ആവശ്യമുണ്ട് സഹജമല്ലാത്തുകൊണ്ട് അവിടെ യത്നത്തിന്റെ ആവശ്യമുണ്ട് അവിടെ എന്താണ് ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിൽ എന്തിനെ നിങ്ങൾ സങ്കല്പിച്ചാലും ശരി അത് ആരോപിതമാണോ അതല്ല ഇവിടെ പറയുന്നത് എന്നാണ് എന്താ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ആത്മതത്വത്തെ കുറിച്ച് ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധാരണ എന്താണ് ശ്രവിച്ച് ഇനി മനനം ചെയ്യണം ഇനി ധ്യാനിക്കണം അപ്പൊ ധ്യാനിക്കും ധ്യാനിക്കുന്ന എന്തിനെ തന്റെ സങ്കല്പത്തിലുള്ളത് ആ തൻ്റെ സങ്കല്പ എന്താണോ ഉള്ളത് അതാണ് ബ്രഹ്മം എന്ന് ഉറപ്പിക്കും അത് പാടില്ല അതിന് ഓരോ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നതിന് മാത്രമേ നിനക്ക് ധ്യാനിക്കാൻ കഴിയൂ അങ്ങനെ ധ്യാനിച്ച് വിഷയമായി സാക്ഷാത്കരിക്കുന്നതല്ല ഇത് അവിഷയമായി സ്ഥിതി അതുകൊണ്ട് എന്തിനു വിഷയങ്ങൾ അയാധ്യേയങ്ങളുമായി അതിന് യാതൊരു ബന്ധമില്ല മനസ്സിൻ്റെ വിഷയമായിരിക്കുന്ന ധ്യേയുമായി അതിന് ബന്ധമില്ല അത് സച്ചിദാനന്ദാലും ശരി ബ്രഹ്മമായാലും ശരി എന്തായാലും ശരി അത് ധ്യേയല്ല അതിന് ഹേതുവായിട്ടാണ് പറയുന്നത് അത് ഇതിനെല്ലാം അപ്പുറമാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതാണ് ശ്രോത്രയും ശ്രകാശിപ്പിക്കുന്നതാണ് ശ്രോത്ര ഇന്ദ്രിയത്തെ അത് പ്രകാശിപ്പിക്കുന്നതാണ് ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നതാണ് അതിന് എങ്ങനെ നിനക്ക് കേട്ട് ധ്യാനിക്കാൻ കഴിയും സാധ്യമല്ല ധ്യാന നിഷ്പ്രയോജനമൊന്നല്ല ധ്യാനിക്കുന്നത് അതല്ല എന്നാണ് ധ്യാനത്തിൻ്റെ ഫലം വേറെയാണ് നിവൃത്തിയാണ് ധ്യാനത്തിൻ്റെ ഫലം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ധ്യാനം അത് ശ്രോത്രേന്ദ്രിയ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതാണ് പറയുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നു സംഭവിക്കുന്ന വിഷയഗ്രഹണം ആ വിഷയഗ്രഹണത്തെ ആശ്രയിച്ചിട്ടാണ് ധ്യാനം നിൽക്കുന്നത് അതാണ് പറഞ്ഞത് ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് മനസ്സിൻ്റെ പ്രവൃത്തി അപ്രവൃത്തി എങ്ങനെ സംഭവിക്കുന്നു പ്രാണന്റെ സഹായം കൊണ്ട് പ്രാണന്റെ സഹായം കൊണ്ടേ പ്രവർത്തനം സാധ്യമാവും ഗ്രഹണം മനസ്സുകൊണ്ട് ചലനം പ്രാണന കൊണ്ട് രണ്ടിനും പിന്നിൽ നിൽക്കുന്ന ചൈതന്യം ഗ്രഹണത്തിനും ചലനത്തിനും അപ്പുറമാണ് ചൈതന്യം രണ്ടിനും ആധാരമായി നീക്കുന്നു അതുകൊണ്ടാണ് അടുത്ത് പ്രാണനെ കുറിച്ച് പറയുന്നത് ഇന്ദ്രിയങ്ങളെല്ലാം വിട്ടിട്ട് എന്തുകൊണ്ട് പറഞ്ഞു പ്രാണനും മനസ്സും ഒന്നും അല്ലേ എന്തുകൊണ്ട് രണ്ടിന്റെയും ആധാരം ഒന്നും തന്നെ ഒന്നിൽ നിന്നാണ് ഈ രണ്ട് ഗ്രഹണം സ്പന്ദന രൂപത്തിലുള്ള രണ്ട് പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഫുരണവും സ്കന്ദനവും അതുകൊണ്ടാ എങ്ങനെയാ സ്പന്ദനം സംഭവിക്കുന്നത് ധ്യാനം എന്ന് പറയുന്നതും മനസ്സിൻ്റെ സ്പന്ദനമാണ് ഇച്ഛാശക്തിയിലൂടെയുള്ള മനസ്സിൻ്റെ സൂക്ഷ്മമായ സ്പന്ദനം അവിടെ ആ യത്നം മനസ്സിന്റെ യത്നം ആ യത്നത്തെ അവലംബിച്ചുകൊണ്ട് മനസ്സ് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് അതല്ല ബ്രഹ്മം അത് പ്രാണന പ്രാധാന്യം കൊടുത്തും പറയും ഏന പ്രാണ ഇതി ക്രിയാശക്തി ആത്മവിജ്ഞാന നിമിത്തത് ആ ക്രിയാശക്തിയും ആ ക്രിയാശക്തിയിലൂടെ മനസ്സിനെ പ്രവർത്തിപ്പിച്ച് മനസ്സിനെ ചലിപ്പിച്ച് മനസ്സിൻ്റെ സ്പന്ദനത്തിലൂടെ ഇതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്തുകൊണ്ട് അതിന് പിന്നിലുള്ള ആത്മവിജ്ഞാന നിമിത്തമായാണ് സംഭവിക്കുന്നത് ആത്മവിജ്ഞാനമാണ് മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആ വിജ്ഞാനത്തെ ധ്യാനം എന്ന് പറയുന്ന ഈ മനസ്സിന്റെ സ്പന്ദനത്തിലൂടെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് ഇത് കർമ്മസാധ്യമല്ല എന്ന് പറയുന്നത് കർമ്മം കൊണ്ട് അത് ധ്യാനം എന്ന് പറയുന്ന കർമ്മമായാലും ശരി സാധ്യമല്ല പിന്നെന്താ കർമ്മത്തിന്റെ പ്രയോജനം പറഞ്ഞു നിവൃത്തി നിവൃത്തിക്ക് അത് ഉണ്ടാകും എങ്ങനെ മറ്റ് വിഷയങ്ങളിൽ നിന്നുള്ള മനസ്സിന്റെ നിവൃത്തി അത് സാധിക്കും ഇത് സർവാധാരമായിരിക്കുന്നത് കൊണ്ട് മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രവൃത്തി അതിന് അതിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കി നിങ്ങൾ പറയുന്നതാണ് സമാധി എന്ന് പറഞ്ഞാൽ ശരി സാധ്യമല്ല എന്നാ പിന്നെ സമാധി എന്നൊക്കെ പറയുന്നുണ്ടോ അത് ഈ സർവാധാരമായിരിക്കുന്ന ഈ ചൈതന്യം എന്തെന്ന് ഇവിടെ പറഞ്ഞല്ലോ നിത്യവിജ്ഞാനം അതുതന്നെയാണ് സമ്പ്രജ്ഞാത സമാധി മനസ്സ് നിവർത്തിക്കുമ്പോ ശേഷിക്കുന്നു മനസ്സ് നിവർത്തിക്കുമ്പോ ശേഷിക്കുന്നതുകൊണ്ടാണ് അതിന് സമാധി എന്ന് പറയുന്നത് അല്ലാതെ മനസ്സ് കണ്ടെത്തുന്നത് കൊണ്ടോ മനസ്സതിനെ സൃഷ്ടിക്കുന്നത് കൊണ്ടോ മനസ്സ് വെളിപ്പെടുത്തുന്നത് ഇപ്പൊ സമാധിയില്ല എന്ന് പറയും എന്തുകൊണ്ട് മനസ്സ് നിവർത്തിക്കുന്നില്ല ആ മനസ്സിന്റെ നിവൃത്തി എന്താണ് അത് നമ്മൾ പലവണ്ണം ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അതിന്റെ ജാഗ്രത സ്വപ്നമാണോ സുശൃപ്തിയാണോ അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തതാണ് സമാധി എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് മനസ്സിൻ്റെ ഉപയോഗത്തിക്കാൻ ശേഷിക്കുന്ന യോഗത്തിൽ പറയുന്ന അവശയമായി ഇത് പ്രകാശിക്കുന്ന ഇത് സദാ അസംപ്രജ്ഞാത സമാധിക്കൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക അഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന അസംപ്രജ്ഞാത സമാധി സദാസംപ്രജ്ഞാത സമാധിക്കൻ പിന്നെ ഒരു ഭാഗം മാത്രം എന്താണ് മനസ്സിന്റെ നിവൃത്തി എന്ന് പറയുന്നതും അതവിടെ സംഭവിക്കുന്നില്ല തന്നെയാണ് അതുകൊണ്ടാ സമാധി എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ അതാ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു സമാധിയാണ് അപ്പൊ ഇവിടെ സമാധി നിഷേധിക്കുന്നൊന്നുമില്ല അദ്വൈതത്തിൽ അതിനീകരിക്കുക തന്നെ അത് സർവാധാരമായിരിക്കുന്ന ഈ ആത്മവിജ്ഞാനം തന്നെ സമാധി ആത്മവിജ്ഞാനത്തിൽ നിന്ന് അതിരിതമായ സമാധി അംഗീകരിക്കുന്നു ആത്മവിജ്ഞാനത്തെ നമുക്ക് എന്താണ് അത് അസംപ്രജ്ഞാത സമാധിയാണ് എന്തുകൊണ്ടവിടെ പൂർണ്ണ നൂളത്തി സംഭവിച്ചിരിക്കുന്നു മനസ്സിന്റെ എന്തുകൊണ്ട് മനസ്സിൻ്റെ ആ ക്രിയാശക്തി അതിനും ഹേതുവായിരിക്കുന്നത് ഈ നിത്യാത്മവിജ്ഞാനമാണ് അതുകൊണ്ട് മനസ്സിൻ്റെ പ്രയത്നം കൊണ്ട് നീ ധ്യാനിക്കുന്നത് എന്തിനാണോ അതല്ല ഇത് പ്രാണേന പ്രാണിധീ യു പ്രണ പ്രണീയത്തെ തധി നേതം യുപാസത്തെ വിപരീതേ പ്രത്യുധ ശിഷ്യം ഭാഗം കൊണ്ട് ഒരു ശിഷ്യനെ ബോധിപ്പിച്ചു ഹേ ഉപാധേയ വിപരീത വിപരീതമായിരിക്കുന്നു സ്വരൂപം തന്നെ വാസ്തവത്തിലുള്ള നീ തന്നെയാണ് ആത്മാ എന്ന് പ്രത്യായുധ ബോധിപ്പിച്ചു അഹമേവ ബ്രഹ്മേരി ശിഷ്യൻ അവിടെ എന്താണോ ഗുരു അങ്ങനെ ബോധിപ്പിക്കുമ്പോ സുഷ്ടുവേദ അഹം മാം ഇതി ഗണിയാതിത്യാശങ്ക ഞാൻ എന്നെ സുഷ്ടുവേദ ഞാൻ എന്നെ ശരിയായി അറിഞ്ഞിരിക്കുന്നു ഞാനെന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ധരിച്ചിരിക്കുന്നു ഇത്യാശങ്ക ആചാര്യ ശിഷ്യബുദ്ധി വിചാലനാർത്ഥം ഇത്യാഹ അങ്ങനെ ഒരു ധാരണ വന്നു ശ്രവണത്തിൽ നിന്ന് ആത്മബോധത്തെ സംബന്ധിച്ചൊരു ഭ്രമം വന്നു കഴിഞ്ഞാൽ ശിഷ്യൻ അങ്ങനെ സംഭവിക്കും ആത്മബോധത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല പക്ഷെ ആരോപിതമായ ഭ്രാന്തമായ ആത്മബോധത്തെയാണ് നിഷേധിക്കുന്നത് മോക്ഷത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല മോക്ഷമില്ലെന്നല്ല പറയുന്നു പക്ഷെ ആരോപിതമായ മോക്ഷം മോക്ഷം തന്റെ അല്ലെങ്കിൽ തന്റെ കൽപ്പന കേവലൊരു ഭ്രാന്തി അതാകാൻ പാടില്ലെന്നാണ് ഇവിടെ ഗുരു ഇവന്റെ വിപരീത ബുദ്ധിയെ നശിപ്പിച്ച് ആത്മബോധത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശിഷ്യന് ആത്മബോധം ഒരു സങ്കൽപ്പമായി ഒരു ഭ്രാന്തിയായി വരാം ആ ഭ്രാന്തി അല്ലെങ്കിൽ ആ സങ്കല്പമായിരിക്കും ആത്മബോധത്തിനും തടസ്സമായി നോക്കുന്നു ആത്മബോധത്തിന് തടസ്സമായി തന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒന്നല്ലാതെ മറ്റൊന്നും വരാൻ വഴിയില്ല അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അതിൻ്റെ അവസാനത്തെ തടസ്സം മാറ്റാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു ജ്ഞാനിയാണ് എന്നുള്ള ഭ്രമം അത് മാറ്റാം അതാണ് അത് വരാം എന്നുവെച്ചാൽ ജ്ഞാനി ഇല്ലെന്നല്ല ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം ഭ്രമല്ല പക്ഷെ ഒരു ജ്ഞാനം ഭ്രമമായി വരാം ആത്മബോധം അങ്ങനെയൊന്നും ഇല്ലെന്നല്ല പറയുന്നു പക്ഷെ അത് ഭ്രമമായി വരാൻ പാടില്ല ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആത്മബോധം ഭ്രമമായി വരുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം മാത്രമേ ഉള്ളൂ പക്ഷെ ആത്മതത്വത്തെ ശ്രവണം ചെയ്യുന്നവന് ആത്മബോധം ഭ്രമമായി വരാം അധ്യാരോപിതമായി വരാം അതാണ് അവൻ പറയുന്നത് സുഷ്ടു വേദ ആ ശരി ശരിയായി ധരിച്ചിരിക്കുന്നു എനിക്കൊരു സംശയവുമില്ല ഞാൻ ആത്മസാക്ഷാത്കാരം നേടിയിരിക്കുന്നു ഇത്തരത്തിലൊരു ഭ്രമം വരാം അതാണ് ഇവിടുത്തെ ശിഷ്യനെയും പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് ശിഷ്യ ബുദ്ധിപ്പിച്ചാലനാർത്ഥം അങ്ങനെ വരുമ്പോൾ ശിഷ്യന്റെ ബുദ്ധിക്ക് ഉണ്ടാക്കുന്നത് വികല്പുന്ന് പറയുന്നത് എന്താണോ ഒരാൾ അസത്യത്തെ സത്യമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അതായത് ദൃഢത വരും ഉറച്ചു പോവും എങ്ങനെയാണോ ഈ ശരീരം ആത്മാവാണെന്ന് ഉറച്ചു പോയത് അതുപോലെ ഭ്രമാത്മകമായി ഞാൻ ആത്മാവിനെ അറിയുന്നു എന്നും മറ്റുമുള്ള ദൃഢമായ ജ്ഞാനം വരാം ഭ്രമവും ദൃഢമായി വരാം ഠ്യംബരം അതിനെ മാറ്റണമെങ്കിലോ അതിനെ ഇളക്കണം എങ്ങനെയാണോ ശരീരത്തിലുള്ള ഈ ആത്മബോധത്തെ ഇല്ലാതാക്കിയത് അതുപോലെ ഈ സ്വസ്വരൂപത്തിൽ ഭ്രാന്തി മറ്റൊരു ഭ്രാന്തി ആത്മജ്ഞാനം ഭ്രാന്തി അതിനെ ഇല്ലാതാക്കണം അതാണ് ബുദ്ധി ബുദ്ധി അവിടെ ഇളക്കുന്ന കുറച്ചിരുന്നതിനെ ഇളക്കുന്നതിനാണ് വിചാലനമെന്ന് പറയുന്നത് അതിനെ ചലിപ്പിക്കുന്നു അതിനുവേണ്ടി പറയുന്നു അടുത്ത മന്ത്രം അതിനുവേണ്ടിയിട്ടാണ് യദസ്യ ത്വം യു ചേവേഷു അധനു മീമാംസ്യമേവേ മന്യേ വിദിതം അവസാനം ശിഷ്യം പറയണു മന്യേ വിജിതം അഹം മന്യേ വിദിതം ഇപ്പോ പിടികിട്ടി ആ ഭ്രമത്തിൽ നിന്ന് ഞാൻ മുക്തനായി ആത്മബോധമെന്നുള്ള ഭ്രമത്തിൽ നിന്നും മുക്തനായി ആത്മബോധം ഭ്രമമായിരുന്നു എന്ന് മനസ്സിലായി ആ ഭ്രമത്തിൽ മുക്തനായ ശേഷിക്കുന്നത് ആത്മബോധം തന്നെ പക്ഷെ അത് ഭ്രമാത്മകമല്ലെന്നേ ഉള്ളൂ നനു ഇഷ്ടമിതി നിശ്ചിത പ്രതിപത്തി പറയുന്നു അങ്ങനെയാണല്ലോ വരേണ്ടത് പറയുണ്ടോ ഇതിലുള്ള അനിഷ്ഠ ഉറപ്പ് സുവേദാഹമിതി നിശ്ചിത പ്രതിപത്തി നിശ്ചിതമായ ജ്ഞാനം ഉറപ്പ് ദൃഢത അതാണല്ലോ വേണ്ടത് ഇഷ്ടം അത് വേണ്ടതാണെന്നല്ലോ പറയേണ്ടത് അത് പാടില്ല എന്ന് എന്തിന് പറയുന്നു എന്നാണ് അതിന്റെയൊക്കെ പ്രയോജനം എന്താണ് ആത്മാവ് അങ്ങനെ അത അങ്ങനെ ഒരു തത്വമുണ്ട് അതാണ് തന്റെ സ്വരൂപം ഇതൊക്കെ ശ്രോണ മനണങ്ങളിലൂടെ അറിയുന്നു ധ്യാനിക്കുന്നു അവസാനം എന്ത് സംഭവിക്കണം ഇത് നിശ്ചിത പ്രതിപത്തി ഇതല്ലേ സംഭവിക്കട്ടാന്ന് ചോദിച്ചു ശേഷം അതെന്നും സംഭവിച്ചു കഴിഞ്ഞു ഇഷ്ടമായത് സംഭവിച്ചു കഴിഞ്ഞു വീണ്ടും എന്തിനാ ബുദ്ധി അളകണം അവിടെ ഇരുന്നാ പോരെ എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തിയിൽ തന്നെ തുടർന്നാ പോരെ ശരി പറയുന്നു സത്യം ഇഷ്ട നിശ്ചിത പ്രതിപത്തി പറയുന്നു അത് ശരിയാണ് നേരത്തെ പറഞ്ഞല്ലോ മോക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ മോക്ഷം വേണ്ടെന്നല്ല പറയുന്നു അതുപോലെ ആത്മബോധം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇല്ലെന്നല്ല പറയുന്നു സത്യം ഇഷ്ട നിശ്ചിത പ്രതിപത്തി ഈ പറയുന്നത് ഒരു പ്രതിപത്തി ഒരു ബോധം ദൃഢത വേണ്ടത് തന്നെയാണ് ആത്മബോധം എന്ന് പറയുന്ന ഒന്നുമുണ്ട് വിഷയബോധം എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മബോധം ഒന്നും ഒന്നുണ്ട് പക്ഷെ നീ കരുതോലല്ലേ നീ ഇപ്പൊ പറഞ്ഞല്ലോ സുവേദാഹം എന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു ചെറിയ വിശമുണ്ട് അങ്ങനെയല്ല ഇത് വരേണ്ടത് അവിടെ ഒരു ചെറിയ ഭ്രാന്തി അവിടെ നിന്റെ ഒരു ചെറിയ കൽപ്പനയുണ്ട് നിന്റെ ഒരു ആരോപമുണ്ട് ആ അതുകൂടെ മാറുന്നു എന്തുകൊണ്ട് നിന്റെ അനുഭവത്തെയാണ് നീ വെളിപ്പെടുത്തുന്നത് ശരി ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ സ്വന്തം ഭ്രാന്തിയാണ് വെളിപ്പെടുത്തുന്നത് അത് നീ സ്വയം അറിയുന്നില്ല ഇതുവരെ ഞാൻ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ ഭ്രാന്തമായിരുന്നു ശരീരത്തിൽ ഭ്രാന്തനായിരുന്നു അപ്പൊ ആത്മാവിൽ ഭ്രാന്തി വന്നു എന്നുള്ളത് തിരിച്ചറിയുന്നു എന്തുകൊണ്ട് വേദ്യം വസ്തു വിഷയഭവതി തദ്സേദിതം ശക്യം ഒരാൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞാൻ അറിയുന്നു ആത്മാവിനെ സത്യമായും അറിയുന്നു ഏതുപോലെ വേദ്യം വസ്തുവിഷയം പോതി ഇവിടെ എല്ലാത്തിനെയും അറിയുന്നു അറിയേണ്ട വസ്തുക്കളെ വിഷയമാകത്തുള്ളൂ എൻ്റെ മുമ്പിൽ കാണുന്ന വസ്തുക്കളെല്ലാം എനിക്ക് വിഷയമാണ് അത് അറിയത്തക്കതാണ് വേദ്യമാണ് അറിയാൻ യോഗ്യമായതാണ് അത് അത് വിഷയമാകും സൃഷ്ടുവേദ്യ നിശക്തി അതിനെ ശരിക്കറിയാനും കഴിയും അതിനെക്കുറിച്ച് പലതരത്തിനും നമുക്കറിയാം അതിൻ്റെ നാനാരൂപങ്ങളെക്കുറിച്ചറിയാം അതിനെ പരിശോധിച്ചറിയാം അതിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാൻ പറ്റും ശരീരം ഉൾപ്പെടെയുള്ള ഭൗതികമായ സർവത്തെയും നമുക്ക് പരിശോധിച്ച് പരിശോധിച്ച് അതിൻ്റെ സ്ഥൂലസൂക്ഷ്മ കാരണങ്ങളെല്ലാം അറിയാം മനസ്സിന് ജിജ്ഞാസയുള്ളിടത്തോളം കാരണം അറിയാൻ പറ്റും സുഷ്ടുവേദ്യ ശക് ശരിയായ രീതിയിൽ അറിയാൻ കഴിയും മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ് മനസ്സിൻ്റെ സ്വഭാവമാണത് ജിജ്ഞാസ ഉണ്ടരുക ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നെ അത് അതിന്റെ രഹസ്യം കണ്ടെത്തുക വീണ്ടും ജിജ്ഞാസുണ്ടാവുക വീണ്ടും അന്വേഷിക്കുക കണ്ടെത്തുക അനന്തമായത് പോകും അവിടെ ഓരോ സ്ഥലത്തും മനസ്സിന് സുഷ്ടുവേതനം വ്യക്തമായ വേതനം അറിവുണ്ട് ഓരോ നിലയിലും നമ്മൾ ഭൗതികമായ അന്വേഷണങ്ങളെല്ലാം അങ്ങനെയാണ് അത് മനസ്സിന് ജിജ്ഞാസ ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് ജിജ്ഞാസയുള്ളതുകൊണ്ടാണ് നമ്മൾ രഹസ്യങ്ങൾ അറിയുന്നത് ഒന്ന് രഹസ്യം എന്ന് മനസ്സ് ജിജ്ഞാസ എന്താണ് അതൊന്നറിയണം ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതെല്ലാം എന്താണ് മനസ്സിന്റെ ജിജ്ഞാസെന്താണ് അവിടെയെല്ലാം നമുക്ക് അറിവുണ്ട് അറിവിൽ വ്യക്തതയുണ്ട് അതാണ് പറയുന്നത് സുഷ്ട വ്യക്തമായതിനെ അറിയാനും കഴിയും ഉദാഹരണം പറയുന്നു ദാഹ്യമിവ ദഗ്ധും അഗ്നേഹേ അഗ്നേഹേ ദാഹ്യം ദഗ്ധും ദഗ്ധാവായിരിക്കുന്ന ദഹിപ്പിക്കുന്നവനായ അഗ്നി അത് അഗ്നിയുടെ സ്വഭാവമാണ് ദാഹ്യമായി എന്തിനെ കിട്ടിയാലും അത് ദഹിപ്പിക്കും ഏത് വിറങ്ങിന് കിട്ടിയാലും അത് ദഹിപ്പിക്കും അതെല്ലാം ദാഹ്യമാണ് എന്തുകൊണ്ട് അത് ദഹിക്കാൻ യോഗ്യമാണ് അതിനെ ദഹിപ്പിക്കും അഗ്നിയുടെ സ്വഭാവമാണ് മനസ്സും അഗ്നിയെ തന്നെ വിഷയത്തെ ഗ്രഹിക്കാതിന്റെ ജോലിയാണ് എന്തിനെ ഗ്രഹിക്കാൻ കിട്ടിയാലും അത് ഗ്രഹിക്കും അഗ്നി പോലെ അത് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഈ അറിവിനു വേണ്ടിയുള്ള ജിജ്ഞാസ മനസ്സിൽ സഹജമായിരിക്കുന്നിടത്തോളം കാലം അറിവുകൾ വ്യക്തമായിക്കൊണ്ടിരിക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അനന്തമാണ് അതിനവസാനമില്ല പക്ഷേ എന്ന് വിചാരിച്ചത് വ്യക്തതയില്ലെന്നല്ല ഓരോന്നിനെ അറിയുമ്പോഴും അത് വ്യക്തമായി അറിയിക്കുന്നു വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നത് മനസ്സിന്റെ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് അവിടെയാണ് ഈ വ്യക്തതയുള്ളത് മനസ്സ് വിഷയത്തെ പ്രകാശിപ്പിക്കുമ്പോൾ ആ വിഷയം പ്രകാശിക്കുന്നു ആ പ്രകാശത്തെ നമ്മൾ പറയുന്നത് ഇത് വ്യക്തമാണ് എന്നത് അഗ്ന മനസ്സിനെ ദഹിപ്പിക്കാൻ വയ്യല്ലോ എങ്കിൽ സ്വസ്വരൂപത്തിൽ എങ്ങനെയാണ് അതിന് വ്യക്തത വരുന്നത് പറഞ്ഞല്ലോ വിദിതം അഭിജിതം അതിനപ്പുറമാണോ എന്ന് പറഞ്ഞതിനെ വേറെ രീതിയിലൂടെ പറയുകയാണ് സ്വരൂപത്തെ ദഹിപ്പിക്കാൻ വയ്യ അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പറയാൻ എനിക്ക് വ്യക്തമുണ്ട് വ്യക്തതയുണ്ട് സംശയമില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയജ്ഞാനത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ വ്യക്തമെന്ന് പറയുന്നത് എങ്ങനെയാണോ മനസ്സ് ഈ സർവ്വ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നത് അതുപോലെ ഇതേ മനസ്സിന്റെ സങ്കല്പത്തിലുള്ള ആത്മാവിനെ കുറിച്ചായിരിക്കും പറയുന്നത് വ്യക്തതയുണ്ട് കാരണം മനസ്സിന്റെ വിഷയത്തിന് ഗ്രഹിക്കുമ്പോഴേ മനസ്സിൽ വ്യക്തത വരും മനസ്സിന്റെ വിഷയത്തെ ഗ്രഹിക്കുമ്പോഴേ മനസ്സിൽ വ്യക്തത വരും നിന്റെ വ്യക്തത എവിടെയാണ് മനസ്സിലാണ് അപ്പം എന്തിനാഗ്രഹിച്ചിരിക്കുന്നത് വിഷയത്തെ അപ്പോൾ ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും എനിക്കതിനെ വ്യക്തമായി അറിയാമെന്നത് വിഷയമല്ലോ അപ്പോൾ നിന്റെ മനസ്സ് തന്നെ എന്തു ചെയ്തതും ഈ ബ്രഹ്മത്തെ ആരോപിച്ച് സങ്കൽപ്പിച്ച് എന്നിട്ട് അതിനെ ഗ്രഹിച്ചു തൻ്റെ സങ്കല്പത്തിലുള്ളതിനെ ഗ്രഹിക്കുന്നു എങ്ങനെയാണോ ഈ തിരിയൻ തന്റെ സങ്കല്പത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനുഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യാമെങ്കിൽ മനസ്സിനെന്ത് ചെയ്യാം തന്റെ സങ്കല്പത്തിലൊരു ഒരു ആത്മാവിനെ സൃഷ്ടിച്ചിട്ട് അതിനെ വിഷയമാക്കി അഗ്നി എങ്ങനെയാണോ ബാഹ്യമായെന്ന് ധരിപ്പിക്കുന്ന അതുപോലെ ഭാഷ്യമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിച്ചിട്ട് പറയുന്ന എന്താണ് സുഷ്ടുവേദ ഞാനിതിനെ സുവേദ നല്ലവണ്ണം അറിയുന്നു ഇതൊക്കെ മനസ്സിൻ്റെ പ്രവൃത്തിയാണെന്ന് ചുരുക്കാം മനസ്സിൻ്റെ കൽപ്പനയാണോ നിർത്തും അത് മനസ്സിൻ്റെ ജിജ്ഞാസയാണ് മനസ്സ് സർവവിഷയങ്ങളെ അറിയും വീണ്ടും ജിജ്ഞാസ വരുന്നതെന്നുണ്ട് വ്യക്തതയ്ക്ക് വേണ്ടി അപ്പോൾ വ്യക്തത വേണം വ്യക്തമായി അറിയണമെന്ന് പറയുന്നത് കേവലം മനസ്സിൻ്റെ ഒരാവശ്യമാണ് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അത് എന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാവും മനസ്സവിടെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വസ്വരൂപത്തിൽ എങ്ങനെ മനസ്സിന്റെ വ്യക്തതയുണ്ടാവും അത് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ മനസ്സിൽ ഇത് വ്യക്തമാകണം എനിക്കിത് അറിയണം പ്രകാശിക്കണം എവിടെ മനസ്സിൽ മനസ്സിൻ്റെ വിഷയമില്ലാത്തതിന് മനസ്സിൽ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ യജ്ഞം തുടരുമ്പോൾ മനസ്സിന് പ്രകാശിപ്പിച്ചേ മതി എന്ന് വരുമ്പോൾ മനസ്സ് തന്നെ ആത്മാവിനെ ബ്രഹ്മത്തെ സൃഷ്ടിക്കും മനസ്സ് തന്നെ സാക്ഷാത്കരിക്കും മനസ്സ് തന്നെ സമാധാനിക്കും എന്നിട്ട് മനസ്സെന്ന് പറയും ഞാനിതാ ഇതിനെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു ഇതാണല്ലോ മനസ്സാഗ്രഹിച്ചത് സാക്ഷാത്കാരം മനസ്സിന്റെ ഒരു ആഗ്രഹവും മനസ്സിൻ്റെ ഒരു ആവശ്യവുമായിരുന്നു അത് മനസ്സ് സാധിക്കും അത് സാധിച്ചാണ് ഇവിടെ ശിഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിച്ചാൽ അതാണോ ആത്മജ്ഞാനം ഈ മനസ്സിന്റെ ഒരു ചെറിയ വൃത്തിയാണ് ഈ ആഗ്രഹമെന്ന് പറയുന്നത് അത് സഫലമാകുന്നല്ല അതുകൊണ്ട് സുവേദാഹം ഞാൻ ഇതാ എന്നെ വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നത് അല്ല പരമാർത്ഥം അത് പരമാർത്ഥത്തിലുള്ള അറിവല്ല അതാളോട് വിശദീകരിക്കുന്നു സർവ സിഹി വേദതു സ്വാത്മാ ബ്രഹ്മേദി സർവ്വ വേദാന്താന സർവ സഹി വേദിതു വേദിതാവായിരിക്കുന്നവൻ സർവത്തെ അറിയുന്നവനായിരിക്കുന്നവൻ നിത്യബോധരൂപം എന്നുമ്പ് പറഞ്ഞു അതിൻ്റെ സ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് മനസ്സറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല മനസ്സ് സങ്കൽപ്പിക്കുന്ന ഒന്നല്ല അത് നിവൃത്തിയിൽ ശ്രേഷ് ശേഷിക്കുന്നതാണ് പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നതല്ല അതാണ് പറയുന്നത് സർവവേദാന്ത നാം സുനിശ്ചിതോട്ടം സർവവേദാന്തങ്ങളും ഇതാണ് പറയുന്നത് ഇത് സത്യമായിരിക്കും മനസ്സുകൊണ്ട് സങ്കല്പിച്ചു പിന്നെ ആഗ്രഹിച്ചു പിന്നെ മനസ്സുകൊണ്ടറിഞ്ഞു എന്നിട്ട് ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണ് ഇഹക തതിപാദിതം പ്രശ്നപ്രതിവചനോക്യാദ്യ ഇതുവരെ അതാണല്ലോ പറഞ്ഞത് ചോദ്യോത്തരൂപത്തിൽ ശ്രോത്രം മനസ്സോ മനോഹിത് വാചോവാചം ഇതാണ് പറഞ്ഞത് അതാണ് അവസാനം പ്രത്യേകം പ്രത്യേകം മന്ത്രങ്ങളിൽ വ്യക്തമാക്കി ഇത് ഇപ്പം നീ ധരിച്ചിരിക്കുന്നത് പോലെ സുവേദമായ ഒന്നല്ല നിൻ്റെ മനസ്സ് കണ്ടെത്തിയ ഒന്നല്ല നിന്റെ മനസ്സിൻ്റെ വ്യക്തതയല്ല അതാണ് നീ ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് അല്ല അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല ആഗ്രഹവും നിവർത്തിക്കുമ്പോൾ ഇത് ഇതിനൊന്നും ആശ്രയിക്കാതെ അതിൻ്റെ വ്യക്തതയോ അല്ലെങ്കിൽ അവ്യക്തതയെ ഒന്നിനെ ആശ്രയിക്കാതെ സർവാധാനമായി പ്രകാശിക്കുന്നതാണ് അതിനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് പൂർണ്ണമല്ല അതിൽ പൂർണ്ണതയില്ല യദ്വാച അനഭ്യതമിതി വിശേഷതോ അവതാരിതം വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ മയ്യാത്തതെന്നും മറ്റും പ്രത്യേകിച്ച് പറഞ്ഞു ബ്രഹ്മവിദ്ശ്ചയിച്ച് ഉക്ത അന്യദേവു അതി അതും പറഞ്ഞു ബ്രഹ്മവിദ്ധത്വത്തിനപ്പുറമാണെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയും ഞാനിതിനെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു കേവലം തൻ്റെ സങ്കല്പത്തെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ സങ്കല്പത്തിലുള്ള ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയും അതുകൊണ്ട് അത് ശരിയല്ല ഉപന്യസ്തം ഉപസംഹരിഷരി അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം ഇതി അതും പറയും അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം എന്നെല്ലാം പറയും തസ്മാുക്തമേ വശേഷ സുവേദി ബുദ്ധി നിരാകർത്തും അതുകൊണ്ട് സുവേദ സുഷ്ട്ട് ധരിച്ചിരിക്കുന്നു എന്നും മറ്റുള്ള ശിഷ്യന്റെ ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നത് തന്നെയാണ് ഇതുകൂടി നിരാകരിക്കണം ഇതിന്റെ നിരാകരണത്തിൽ അവന് സത്യം പ്രകാശിക്കണം ഒരു തടസ്സവും കൂടാതെ അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള എന്താണോ ഈ സത്യത്തെക്കുറിച്ചുള്ള ഓരോ സങ്കല്പങ്ങൾ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്ന ഓരോ സങ്കല്പങ്ങൾ ആത്മാവിനെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് അവ്യക്തതയെക്കുറിച്ച് ഈ സങ്കല്പങ്ങൾ മാത്രമാണ് ഇവിടെ തടസ്സമായിരിക്കുന്നത് ഈ സങ്കല്പങ്ങളുടെ ശൂന്യത അതിലിത് പ്രകാശിക്കുന്ന അതാണ് പറഞ്ഞു വരുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള സങ്കല്പശൂന്യത അതിനു പേര് നേരത്തെ പറയുക എന്താണ് നിശ്ചിന്തത ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന നിശ്ചിന്തത അതുകൂടെ ഉദ്ദേശിക്കുന്നത് ആ നിശ്ചിന്തതയിൽ അത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രം ശേഷിക്കുന്നു നേരത്തെ പറഞ്ഞിട്ട് മറ്റ് ജഗക്ഷിജ്ഞാസകളൊന്നും അവിടെ ഞാൻ കുറച്ചറിഞ്ഞു ഇനി അറിയാൻ ബാക്കിയുള്ളു അതല്ല ഇനി പറയുന്നു ഇത്തരം കൽപ്പനകൾ ഇതെല്ലാം നിവർത്തിക്കണം ഇപ്പോൾ വേദനയെ സംബന്ധിച്ച് അനുഭവത്തെ സംബന്ധിച്ച് വിഷയങ്ങളിൽ വരുന്ന സങ്കല്പങ്ങളെപ്പോലെ ആത്മാവിൽ ഒരു സങ്കല്പങ്ങളും വരാൻ പാടില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പമുണ്ടെന്നാണ് ഇതിന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ഞാൻ അല്പമറിഞ്ഞു ഇനി ഇതിന് അറിയാൻ ബാക്കിയുണ്ട് ഇതിനെ ഞാൻ വ്യക്തമായി അറിയും ഇതാണ് വിഷയങ്ങളെ സംബന്ധിച്ച് വരുന്ന സങ്കല്പങ്ങൾ ഈ വരുന്ന സങ്കല്പങ്ങളിൽ ഏതെങ്കിലും ചിലതൊക്കെ ആത്മാവിനെ സംബന്ധിച്ചും എപ്പോഴും നീക്കും ഞാൻ ആത്മാവിനെ കുറെ ധരിച്ചു കഴിഞ്ഞു ഇനി ധരിക്കാൻ ബാക്കിയുള്ളു അല്ലെങ്കിൽ ഞാനിതാ വിഷയത്തെ ധരിച്ചതുപോലെ ഇതിനെ വ്യക്തമായി ധരിച്ചു കഴിഞ്ഞു ഇത് മനസ്സ് വിഷയങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്ന ഇത് വിഷയങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ ആത്മാവിൽ കൊണ്ടുവരണം അത് ആത്മാവിലേക്ക് വരുന്നതാണ് ആത്മാ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ സങ്കല്പം അതിന്റെ നിവൃത്തിയാണ് അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് ഒരാൾ അല്പസമയത്തേക്ക് ഞാനത് ആത്മാവിനെ അറിയിച്ചിരിക്കുന്നു എന്നൊരു ബ്രഹ്മസങ്കല്പത്തിലിരുന്നാലും അതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല കുറച്ചു കഴിയുമ്പോൾ അത് മാറിക്കുന്നു അപ്പൊ ഇത്തരം സങ്കല്പരാഹിത്യം ഗുരുവിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൽ സങ്കല്പങ്ങൾ വരുന്നു പോകുന്നു നിൽക്കുന്നു അതൊന്നും വിഷയം അതിനെയൊന്നും ആശ്രയിക്കുക അതിനെ ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കും കാരണം മനസ്സിങ്ങനെ ഭ്രാന്തമായ അനന്തസങ്കല്പങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോഴും ഈ ആത്മാവ് നിത്യശുദ്ധ മുക്തസ്വരൂപത്തിൽ തന്നെ നിൽക്കുകയാണ് അതാണ് പരമാർത്ഥം അതിൻ്റെ പ്രഭയെ കെടുത്തുന്നതിന് ഇതിൻ്റെ സങ്കല്പേഷി സ്വയം പ്രകാശത്ത് ഇതൊന്നും നശിപ്പിക്കില്ല അത് പരമാർത്ഥമായിരിക്കെ ആത്മതത്വത്തെ ശ്രവിച്ച് അതിൻ്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കി വീണ്ടും ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെ ഒരാൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മതത്വപ്രകാശനത്തിന് അയാൾക്ക് തടസ്സമായിരിക്കുന്നത് താൻ തന്നെ സൃഷ്ടിച്ച സങ്കല്പങ്ങളല്ലാതും മറ്റൊതു അത് ആത്മാവിനെ അറിയുന്നു എന്നുള്ള സങ്കല്പമോ അറിയുന്നില്ല എന്നുള്ള സങ്കല്പമോ കുറേ അറിയുന്നു എന്നുള്ള സങ്കല്പമോ ഇനി അറിയാനുണ്ടെന്നുള്ള സങ്കല്പമോ ഏതായാലും ശരി ഇത് മാത്രമാണ് തടസ്സമായിരിക്കുന്നത് എന്നാ കൊണ്ടാണ് ഭാഷകാലം പലയിടത്തും പറയുന്നത് എന്താണോ നിവർത്തിപ്പിക്കുക നേരി നേരി ഇതല്ല ഇതല്ല ഇതല്ല എന്ന് നിഷേധിക്കുക അല്ലാതെ ഇതാണ് എന്ന് വെളിപ്പെടുത്താനൊന്നും ഇടയില്ല ഇതവിഷയമായി നിഷേധിക്കാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മുടെ അനുഭവമാണ് ഇവിടെ ശിഷ്യനും പറഞ്ഞു സൃഷ്ടുവേദ ഞാനത് അതിനെ വ്യക്തമായി അറിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും ഞാൻ അറിഞ്ഞു പക്ഷെ മറന്നുപോയി വ്യവഹാരത്തിൽ ഞാൻ വിസ്മരിച്ചു പോയി വ്യവഹാരത്തിൽ സ്മരിച്ചാലും വ്യവഹാരത്തിൽ വിസ്മരിക്കും സ്വാഭാവികമാണ് രണ്ടും മനസ്സിന്റെ സങ്കല്പമാണ് ഇതെന്താണോ സർവവ്യവഹാര ആധാരമായിരിക്കുന്നു അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സങ്കല്പങ്ങൾ കൊണ്ട് ഇതിനെ മറക്കാതിരുന്നാൽ മാത്രമാണ് കൃത്രിമമായ സങ്കല്പങ്ങളെ കൊണ്ട് അറിഞ്ഞുവെന്നോ അറിയുന്നില്ലെന്നോ ഉള്ള സങ്കല്പങ്ങളെക്കൊണ്ട് അതുകൊണ്ട് ശിഷ്യ സുബീദേവി ബുദ്ധി നിരാകർത്തും അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് ഞാനിതിനറിയുന്നു എന്നുള്ള ബുദ്ധിയെ നിരാകരിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യം എന്താണോ ആത്മബോധമെന്ന് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് അതെല്ലാം പരമാർത്ഥമാണ് ഒന്നും കല്പനകളല്ല അതെപ്പോഴെങ്കിലും കൽപ്പനാരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നു കൊടുക്കുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുക അത്ര ചെയ്യേണ്ടോ പരമാർത്ഥം കൽപ്പനാരൂപത്തിൽ വരാൻ പാടില്ല പരമാർത്ഥം ഒരിക്കലും നമ്മുടെ സങ്കല്പങ്ങളാകാൻ പാടില്ല പരമാർത്ഥം സ്മരണയോ ഭാവനയോ ആകാൻ പാടില്ല ഇതെല്ലാം സങ്കല്പം സ്മരണ ഭാവന ഇതെല്ലാം നിരാകരിക്കപ്പെടേണ്ടതാണ് തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ബുദ്ധി നിരാകർത്തും ആ ബുദ്ധിയെ നിരാകരിക്കുന്നതിന് വേണ്ടി ശിഷ്യ കൽപ്പനയും വേണ്ടി ശിഷ്യൻ തന്നെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ അതും കൽപ്പനയും നിരാകരിക്കുക എന്നും പറയുമ്പോൾ വൃത്തി നിരോധം അല്ല ഉദ്ദേശിക്കുന്നു അങ്ങനെയും തിരിച്ചുള്ള അതും എന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു അങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കുക അങ്ങനെയൊരഭ്യാസം അതുവന്ന് ഇവിടെ വൃത്തി നിരോധത്തിൻ്റെ ആവശ്യമില്ല വൃത്തി നിരോധം എന്ന് പറയുമ്പോൾ അത് യോഗത്തിലുള്ള ഒരു അഭ്യാസം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് യോഗസമാധി അതും എന്നെ ഇവിടെ ഇവിടെ പറയുന്നത് ബന്ധമോക്ഷങ്ങളെ സംബന്ധിച്ച് ആത്മജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഉള്ള തന്റെ ധാരണകളെ സ്വയം ദൂരീകരിക്കുക അങ്ങനെ ദൂരീകരിച്ചാൽ ശേഷിക്കുന്നത് അതാണ് അങ്ങനെയാണെങ്കിൽ വീണ്ടും ചോദിക്കും എനിക്ക് അതിന്റെ അനുഭവം വന്നില്ലല്ലോ അതിന്റെ അനുഭവം അതിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ പറഞ്ഞല്ലോ മനസ്സിൻ്റെ ജിജ്ഞാസ അതുതന്നെയാണ് തടസ്സം എല്ലാവ ചെയ്താലും വീണ്ടും പ്രതീക്ഷിക്കുന്നു വീണ്ടും ജിജ്ഞാസ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ ജിജ്ഞാസ അപ്പം ആ മനസ്സിന്റെ ജിജ്ഞാസെ ശമിപ്പിക്കുക അതെങ്ങനെ ശമിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ തത്വശ്രവണം കൊണ്ട് തത്വബോധം കൊണ്ട് തത്വബോധം കൊണ്ട് മനസ്സിന്റെ ആ ആ തത്വപ്രകാശം കൊണ്ട് അത് സംഭവിക്കുന്നു വെളിച്ചം കൊണ്ട് ഇരുട്ട് മാറുന്നത് പോലെ ഇരുട്ട് മാറുന്നതിനനുസരിച്ച് വെളിച്ചം വ്യക്തമാകുന്നതുപോലെ രണ്ട് സംഭവിക്കുന്നു സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് മഞ്ഞു മാറുന്നു എന്ന് പറയുന്നത് ഈ അനാത്മസങ്കൽപ്പങ്ങൾ അതിൻ്റെ നിരാകർത്തം അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഉപദേശങ്ങൾ എന്നാണ് യു മന്യസേ സുദേഥ ബ്രഹ്മണോ യം യേഷു അഥനു മീമാംസമേ തേ യം എ ധനു മീമാംസ്യമേ തേ മേ വി